ശ്ചിമാസം തദ്ദേശ പ്രോതികൃം പഞ്ചാമത്തെ ലക്ഷണം വ്യവഹാര ഹേതുവ സതി പ്രകാശ മുടസ്വ വ്യവഹാര ഹേതുത്വന്ന് പറഞ്ഞാൽ എന്താ ദോഷം വരുന്നത് പ്രദീപാദികളിൽ അതിവ്യാപ്തി വരുന്നു എങ്ങനെയാണ് പ്രദീപ വ്യവഹാരഹേതു പ്രദീപമാണ് അത് ഉണ്ടെന്ന് ചേർത്തു ഞാൻ ജ്ഞാന വ്യവഹാര ഹേതുത്വം എന്ന് പറയുമ്പോൾ എവിടെ അതിവ്യാപ്തി വരും അനു വ്യവസായത്തിൽ വരുന്നു എന്തുകൊണ്ടാണ് ഇവിടെ ജ്ഞാന വ്യവഹാരം എന്ന് പറഞ്ഞാൽ എങ്ങനെ അർത്ഥം പറയും ജ്ഞാനരൂപ വ്യവഹാരം അതിൻ്റെ ഹേതുവായി അനു വ്യവസായം ജ്ഞാനരൂപ വ്യവഹാര ി വേറെ ദോഷം വരുന്നത് എന്താണ് പ്രതിപത്തെ വീണ്ടും അതിവ്യാപ്തി എന്തുകൊണ്ട് പരമ്പരയായിട്ടാണ് ഞാൻ വിവാഹം ഹേതുവാകുന്നു പ്രതിഭാ ഞാൻ വിവാരം ഹേതുവാകുന്നു പ്രദീപ്ഞാനം ഇതം എന്ന പ്രതിപജ്ഞാനം എന്ന പ്രതിപജ്ഞാനം ഇതം എന്ന് പറയുന്ന അനു വ്യവസായത്തിന്റെ വിഷയമാണ് പ്രദീപവും ജ്ഞാനവും അതുകൊണ്ട് ജ്ഞാനത്തിൻ്റെ ഹേതു വിഷയമാണ് അതുകൊണ്ട് ജ്ഞാനവ്യവഹാര ഹേതുത്വം എവിടെ വരുന്നു ഇവിടെ ജ്ഞാനവ്യവഹാരത്തിന് എന്തർത്ഥം കൊടുക്കും ജ്ഞാനരൂപ വ്യവഹാരമായി എന്താണ് ജ്ഞാനരൂപ എന്താണ് ജ്ഞാനരൂപ വ്യവഹാരം പ്രദീപജ്ഞാനത്തിൻ്റെ ജ്ഞാനം അനുവ്യവസായ ജ്ഞാനം അതാണ് ജ്ഞാനരൂപ വ്യവഹാരം അതിൻ്റെ വിഷയമായിരിക്കുന്ന പ്രദീപവും ജ്ഞാനവും വിഷയം ഹേതുവാണ് അതുകൊണ്ട് പ്രദീപ ജ്ഞാനം എന്ന സ്ഥലത്തെ പ്രദീപവും പ്രദീപ ജനഹിതം എന്ന അനുവസായത്തിന് ഹേതുവായി പ്രദീപ്ഞാനം എന്നുപത്തി പ്രദീപത്തിൽ തുടക്കത്തിലും പ്രദീപത്തിൽ തന്നെയാണ് വ്യവഹാര ഹേതുത്വം വന്നത് അവിടെ ജ്ഞാനമൊന്നും പറഞ്ഞില്ല ജ്ഞാനമെന്ന് പറഞ്ഞിട്ടും പ്രദീപത്തിൽ ജ്ഞാന വ്യവഹാരമായിട്ടിവിടെ അനുവ്യവസായത്തെടുത്തിട്ട് അതും ജ്ഞാനത്തിൻ്റെ അനുവസായം പ്രദീപജ്ഞാനത്തിൻ്റെ അനുവസായം എടുത്ത് അതിൻ്റെ ഹേതുവായി പ്രദീപം പ്രദീപജ്ഞാനംഇദം എന്ന് പറയുന്ന വിശിഷ്ടമായിട്ട് എടുത്തു കഴിഞ്ഞാൽ പ്രദീപജ്ഞാനത്തിന്റെ ജ്ഞാനമായതുകൊണ്ട് അത് വിശിഷ്ട എങ്ങനെയാണ് അവിടെ വിശിഷ്ടജ്ഞാനം എന്ന് പറഞ്ഞം ഇതം എന്ന് പറയുന്നവസായത്തിന് വിശിഷ്ടജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം വിശിഷ്ടവിഷേകം വിശിഷ്ടമായി പ്രദീപജ്ഞാനം എന്തുകൊണ്ടാണ് അത് വിശിഷ്ടമായി അവിടെ വിശേഷണമുണ്ട് പ്രദീപം പ്രദീപജ്ഞാനത്തിൻ്റെ വിശേഷണമാണ് പ്രദീപം ഇപ്പം പ്രദീപജ്ഞാനം എന്ന് പറയുന്നത് വിശിഷ്ടമായി ആ പ്രദീപജ്ഞാനം വിഷയമായിരിക്കുന്നു പ്രദീപജ്ഞാനം ഇതം എന്ന് പറയുന്ന അനുഭവം അതുകൊണ്ട് ഈ അനുവസായം വിശിഷ്ടവിഷയകമാണ് വിശിഷ്ടം വിഷയം വിശിഷ്ടവിഷയകജ്ഞാനമായതുകൊണ്ട് അവിടെ വിശേഷവും വിശേഷണവും രണ്ടും വിഷയമാണ് അനുവ്യവസായത്തിൽ അപ്പോൾ വിശേഷണവും വിഷയമായി അനുവ്യവസായത്തിൻ്റെ വിഷയമായി വിശേഷണം അതുകൊണ്ട് തന്നെ അത് ഹേതുവുമായി വ്യവഹാര ഹേതുത്വം പ്രതീപജ്ഞാനം ഹിതം എന്ന അനുവസായ രൂപത്തിലുള്ള ജ്ഞാനത്തിൻ്റെ ജ്ഞാന വ്യവഹാരം ജ്ഞാനരൂപ വ്യവഹാരം അതിൻ്റെ ഹേതുവായി പ്രതീപം അതിനതിവ്യാപ്തി ഇത്രയും വ്യക്തമായും ധരിക്കണം ഇനി വരുന്നത് ജ്ഞാനവ്യവഹാരം അല്ലാതെ ശബ്ദവ്യവഹാരത്തെടുത്താൽ ശബ്ദവ്യവഹാരത്തെ എടുത്തു കഴിഞ്ഞാൽ വ്യവഹാര ഏതൊത്തം ദീപത്തിൽ വരുമോ സാധാരണഗതി വരത്തില്ല എന്തുകൊണ്ട് വരത്തില്ല സാധാരണഗതി വരില്ല എന്തുകൊണ്ട് ആ ശബ്ദപ്രയോഗത്തെടുക്കുമ്പോ അവിടെ പറഞ്ഞു ജ്ഞാന വ്യവഹാര ശബ്ദപ്രയോഗ രൂപത്തിലുള്ള വ്യവഹാരത്തെ എടുത്താൽ അത് ജ്ഞാനമല്ല ദീപജ്ഞാനം ഇതമെന്ന് പറയുന്ന ശബ്ദപ്രയോഗ രൂപത്തിലുള്ള വ്യവഹാരത്തെ എടുത്തു കഴിഞ്ഞാൽ അത് ജ്ഞാനമല്ല അതുകൊണ്ട് തന്നെ എന്തു വരുന്നു വ്യവഹാര ഹേതുത്വം ദീപത്തിൽ വരത്തില്ല ജ്ഞാനവ്യവഹാരത്തിൻ്റെ ഹേതുത്വമേ വരത്തുള്ളൂ ജ്ഞാന വ്യവഹാരം ഏതാണ് അനുവ്യവസായം ആ അനുവ്യവസായത്തെ കുറിക്കുന്ന ശബ്ദപ്രയോഗം ജ്ഞാനവ്യവഹാരം അല്ല അതുകൊണ്ട് ജ്ഞാനവ്യവഹാരേതത്വം ഏതിൽ വരത്തില്ല ജ്ഞാനവ്യവഹാരേതുവം വരത്തില്ലേ ശബ്ദപ്രയോഗത്തെ എടുത്താൽ വരത്തില്ല പ്രതിപത്തി വരത്തില്ല അതെ ശബ്ദപ്രയോഗം ജ്ഞാന വ്യവഹാരമല്ല പക്ഷേ ഇവിടെയും വരുത്താം എങ്ങനെ പരമ്പരയായിട്ട് ജ്ഞാനവ്യവഹാരത്തെ എടുക്കുക ആ ജ്ഞാനം എന്താ ശബ്ദവ്യവഹാരത്തെ എടുക്കുക അത് ജ്ഞാനവ്യവഹാരമല്ലെങ്കിലും പ്രദീപജ്ഞാനം ഇതം എന്ന് പറയുന്ന ശബ്ദപ്രയോഗം ജ്ഞാനവ്യവഹാരമല്ലെങ്കിലും അതിന് കാരണമായൊരു ജ്ഞാനവ്യവഹാരമുണ്ട് അതിൻ്റെ ഹേതുവാണെന്ത് പ്രദീപം അതുകൊണ്ട് വ്യവഹാരമായിട്ട് ശബ്ദപ്രയോഗത്തെ എടുത്താലും പരമ്പരയ വേണ്ടി ഒന്നാ പറയാം എന്താണ് പറയാതാണ് അത് ജ്ഞാന വ്യവഹാര ഹേതുത്വം ദീപത്തി ഒന്നു എന്ന് പറയാം നേരിട്ടുള്ള വഴിയല്ല വളഞ്ഞ വഴിയാണ് നേരിട്ട് വരത്തില്ല ഹേതുത്വം വന്നു ഇത് അടുത്ത ദോഷം ഇത് രണ്ടും നല്ലോണം അറിഞ്ഞിരിക്കണം ഇനി അടുത്ത് വരുന്ന ദോഷം പറയുന്നു വ്യവഹാരേതലക്ഷണം മുക്തി പ്രണയാദ്യോഷ അനുഷംഗ സ്വരൂപമാത്രത്തേക്കു ജ്ഞാനം പ്രകാശ് തഥാ സതി ശ്രദ്ധിച്ചു മനസ്സിലാക്കണം അതായത് ഇവിടുത്തെ ലക്ഷ്യം എന്താണ് സ്വപ്രകാശിതാത്മാ അവിടെ ചോദ്യം എന്തായിരുന്നു ഇന്നത്തെ ചോദ്യം അവിടെന്താണ് തുടങ്ങിയത് ആ എന്താണ് ഈ സ്വപ്രകാശം എന്നാണ് ലക്ഷണമാണ് പറഞ്ഞത് സ്വഹാര ഹേതുത്വ സതിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം സ്വപ്രകാശം അവിടെ ഒരു പ്രകാശബ്ദമുണ്ട് ലക്ഷണത്തിനുമുണ്ട് പ്രകാശ് വ്യവഹാര ഹേതുത്വേ സതി പ്രകാശത്ത് അവിടെയുണ്ട് പ്രകാശം ലക്ഷ്യത്തിനുമുണ്ട് ലക്ഷണത്തിനുമുണ്ട് പ്രകാശം ഈ സ്വവ്യവഹാരഹേതുവെന്ന് പറയുന്നത് അങ്ങ് വിട്ട് വിട്ടിട്ട് ലക്ഷണം പറയണം പ്രകാശത്വം സ്വപ്രകാശം എന്ന് പറഞ്ഞ എന്താ കുഴപ്പം ഉം പ്രകാശത്വം സ്വപ്രകാശം എന്ന് പറഞ്ഞ എന്താ തരാറ് ലക്ഷ്യവും ലക്ഷണവും ഒന്നാകും ലക്ഷ്യം എന്താ ഇവിടെ എന്താ പറയുന്നത് പ്രകാശത്ത് പ്രകാശത്ത് സ്വപ്രകാശമാണല്ലോ ലക്ഷ്യവും ലക്ഷണം ഒന്നായിക്കഴിഞ്ഞാൽ ലക്ഷണമാകുമോ ഗോവിൻ്റെ ലക്ഷണം എന്താണെന്ന് ചോദിക്കുകയാണ് ഗോ ഗോ എന്ന് പറഞ്ഞാൽ ലക്ഷണമാകുമോ ലക്ഷണമാകത്തില്ല അതുകൊണ്ടാണ് ഇവിടെ എന്തു ചേർത്തത് സ്വ്യോഹാരേതത്വം പ്രകാശത്തിനൊരു വിശേഷണം കൂടെ ചേർത്തു സ്വവ്യവഹാരേതത്വം ആദ്യം വിശദീകരിച്ചു പ്രകാശം പ്രകാശം എന്ന് മാത്രം പറഞ്ഞാൽ പോരാ ഈ പ്രകാശം പ്രകാശ വ്യവഹാരത്തിന് ഹേതുവാണ് അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്ന സ്വപ്രകാശം ആ സ്വപ്രകാശമായാണ് അഹം ബ്രഹ്മാസ്മി എന്ന് പറയാൻ പറ്റുന്നത് അഹം ബ്രഹ്മാസമി എന്ന് മാത്രമല്ല ഹം ഇങ്ങനൊരു വ്യവഹാരം ഉണ്ടാവണമെങ്കിലും ഉള്ളിൽ പ്രകാശമുള്ളത് കൊണ്ടാണ് സ്വപ്രകാശത്വത്തിൻ്റെ ലക്ഷണം പറഞ്ഞപ്പോൾ സ്വവ്യവഹാരഹേതുവേ സ്ഥിതി പ്രകാശത്വം അതിൽ പ്രകാശത്വം എന്ന് പറയുന്നത് വിശേഷവും സ്വകാരഹേതുത്വം എന്ന് പറയുന്നത് ശ്രേഷ്ഠവും പൊതുവെ അങ്ങനെയാണ് സതി എന്ന് പറയുന്ന ശബ്ദത്തിന് മുമ്പിലുള്ളത് വിശേഷണവും പിന്നീട് വരുന്ന വിശേഷഹേതുവം എന്ന് പറയുന്നത് എന്തിന്റെ വിശേഷണമാണോ പ്രകാശത്തിന്റെ വിശേഷം ഇതാണ് പൊതുവെ ഇവിടെ ചോദിക്കുന്നത് നമ്മൾ പ്രകാശത്തിനൊരു വിശേഷണം പറഞ്ഞു സ്വകാരഹേതുത്വം ഇത് വിശേഷണമാണോ അതോ ഉപലക്ഷണമാണോ എന്നാണ് ചോദിക്കുന്നത് രണ്ടായാലും ദോഷം ഒരുപക്ഷെ ചോദിക്കും സ്വകാര്യ ഹേതുത്വേ എന്ന് പറയുന്നിടത്ത് സ്വവ്യവാരഹേതുത്വം വിശേഷ്യമെന്ന് പറഞ്ഞാൽ പ്രകാശത്വം അതിൻ്റെ വിശേഷണമാണോ ഉപലക്ഷണമാണോ എന്നോ വിശേഷണവും ഉപലക്ഷണവും പറഞ്ഞിട്ടുണ്ട് പല സ്ഥലങ്ങളിലും പല അർത്ഥമാണത് പൊതുവെ വിശേഷണമൊന്നും ഉപലക്ഷണമെന്നു പറഞ്ഞാൽ വ്യാവർത്തകമാണ് വ്യാവർത്തക ധർമ്മങ്ങളെയാണ് വിശേഷണമല്ലെങ്കിൽ എന്ന് വെച്ചാൽ വ്യാവർത്തിപ്പിക്കുന്നത് ഒന്നിനെ മറ്റുള്ളവരിൽ നിന്ന് വേവർത്തിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വിശേഷം ഒരു കോളനിയിൽ ഒരുപാട് വീടുകളുണ്ട് എല്ലാം ഒരുപോലത്തെ വീട് അല്ല ദേവദത്ത വീടന്വേഷിച്ച ഒരാൾ പോയി അടുത്തു ചോദിച്ചു ഈ കാണുന്ന വീട്ടിൽ ഏതാണ് വീടില്ലേതാണ് ദേവദത്തന്റെ വീടെന്ന് ചോദിച്ചപ്പോ അൾ പറഞ്ഞു കാക്ക ഇരിക്കുന്ന വീടാണെന്ന് പറഞ്ഞു വേറെ ഇടയാളൊന്നും ഇല്ല എന്നുണ്ട് എല്ലാ വീടും ഒരേ പോലത്തെ മില്ലകളാണ് എല്ലാം ഒരടയാളം ഒരേ ആർക്കിടെക്ട് ഒരേ പ്ലാനിങ്ങും ഡിസൈനിങ്ങും ഒരു വ്യത്യാസം പിന്നെ ഒരടയാളേ പറയാനുള്ളു എന്താണ് കാക്ക ഇരിക്കുന്നു അപ്പൊ അവിടെയുള്ള ബാക്കിയുള്ള എല്ലാ വീടുകളിൽ നിന്നും ദേവദത്ത വീടിനെ വ്യാപർത്തിപ്പിച്ച് എന്താണ് കാക്ക വിശേഷണം ആയി അതുകൊണ്ടാണ് അതിന് വിശേഷണമുള്ളത് വീടിൻ്റെ വിശേഷണമായി പക്ഷെ വിശേഷണത്തിൻ്റെ പ്രത്യേകത വിദ്യമാനം സദ്വ്യവർത്തകമാണ് അത് ഏതിനാണോ വേർതിരിക്കേണ്ടത് അതിൽ ഇരുന്നു കൊണ്ട് അതിനെ വേർതിരിക്കും വിശേഷണത്തിൻ്റെ പ്രത്യേകത ഉപലക്ഷണം എന്ന് പറഞ്ഞാൽ എപ്പോഴെങ്കിലും അവിടെ ഇരുന്നാൽ മതി എപ്പോഴിരിക്കണമെന്നില്ല അതായത് കകവത് ദേവദത്തസ്യ ഗൃഹം എന്ന് പറയുന്നിടത്ത് അവിടെ കാക്ക അവിടെ തന്നെ ഇരിക്കുന്നു അയാൾ ദൂരെ വെച്ച് കണ്ടു അടുത്ത് ചെന്നു വീട് തിരിച്ചറിഞ്ഞ് വീട്ടിൻ്റെ അകത്ത് കയറി അതിന്റെ കാക്ക അവിടെ തന്നെയുണ്ട് പറന്നുപോയില്ല ധൈര്യമുള്ള കാക്കത്തന്നെ ഇരുന്നു ആ കാക്ക എങ്ങനെയുള്ള കാക്കയാണ് വിശേഷണമാണ് പറന്നുപോയില്ല എന്നാൽ വേറൊരു തവണ അതല്ല സംഭവിച്ചത് അല്ലെങ്കിൽ വേറൊരാൾക്ക് സംഭവിച്ചത് വീടിൻ്റെ മേളിൽ കാക്ക ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ കാക്ക ഇരിക്കുന്ന വീടാണ് കാക്കവദേവദത്തുഗ്രഹങ്ങൾ ഇയാൾ ആ വീട് ലക്ഷ്യമാക്കിപ്പോയി അടുത്ത് ചെന്നപ്പോൾ കാക്ക കണ്ടു പേടിച്ച് പറന്നുപോയി പക്ഷെ അയാൾക്കത് മതി കാക്ക അവിടെ ഇരിക്കണമെന്നൊന്നും ഇല്ല എൻ്റെ തിരിച്ചറിഞ്ഞു ആ കാക്ക എന്താണ് വിദ്യമാനം സദ് വ്യവർത്തകം അവിടെ ഇല്ല പക്ഷെ ആ കാക്ക എന്നെന്ത് ചെയ്തു വേവർത്തിപ്പിച്ച് അപ്പോ അത് വിശേഷണവുമാകാം ഉപലക്ഷണവുമാകാം അവിടെ ഇരുന്നാൽ വിശേഷണം പറന്നാൽ ഉപലക്ഷണം കാര്യമൊന്നും അല്ല രണ്ട് സ്ഥലത്തും എന്താ സംഭവിച്ചത് വ്യാവർത്തകമായി വിശേഷണവും വ്യാവർത്തകമാണ് ഉപലക്ഷണവുമാണ് ആദ്യ വിശേഷണത്തിന്റെ കാര്യം എടുക്കാം പ്രകാശം എന്ന് പറയുന്നത് എന്തിനാ പറയുന്നത് സ്വപ്രകാശമായ ചതാത്മാവിനെ പറയാണ് അത് പ്രകാശമാണ് സ്വപ്രകാശമാണല്ലോ അതിനെ വിശേഷിപ്പിക്കുകയാണ് സ്വ്യവഹാരേതത്വം ഞാനും വേണ്ട സ്വഹാര ഹേതത്വം മതി ഞാനായാലും കുഴപ്പമില്ല ഇപ്പം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എന്തായാലും വ്യവഹാര ഹേതുത്വം ആ സോയാലുമുള്ള അവിടെയാണ് പിടിക്കുന്നത് വ്യവഹാര ഹേതുത്വം അത് വ്യാവർത്തകമാണ് അത് വിശേഷിപ്പിക്കുന്നു എന്നെല്ലാം പറഞ്ഞു അത് വിശേഷണ പക്ഷത്തിൽ ചോദിക്കുന്നു വിശേഷണം എന്തായിരിക്കണം വിദ്യമാനം സത് വ്യാവർത്തകം ഈ വ്യവഹാര ഹേതുത്വം പറയുന്നത് ചിതാത്മാവിലാണ് ചോദിക്കുന്നു മുക്തിയിൽ ചിതാത്മാവിൽ വ്യവഹാര ഏതത്വമുണ്ടോ ഉണ്ടോ മുക്തിയിൽ എന്തെങ്കിലും വ്യവഹാരം അവിടെ നടക്കോ പ്രളയത്തിൽ വ്യവഹാരം എന്തെങ്കിലും നടക്കുന്നുണ്ടോ ഇല്ല നിങ്ങളീ പറയുന്ന ലക്ഷണം ചിതാത്മാവെന്ന് പറഞ്ഞ ലക്ഷണമാണ് ആ ലക്ഷണം മുക്താത്മാവിനുമില്ല പ്രളയാത്മാവിനുമില്ല എന്ത് സംഭവിച്ചു എന്ത് സംഭവിച്ചു സത്യന്റെ ഏഹ് എന്ത് സംഭവിച്ചു അഭ്യാപ്തി എന്തോ എവിടെപ്തി വന്നു ലക്ഷണത്തിൽ വന്നു എന്തുകൊണ്ട് ലക്ഷണം ചിതാത്മാവിനെപ്പോഴും ഇല്ല മുക്തി പ്രളയം ഒഴികെയുള്ള എല്ലാം എന്ത് വരുന്ന ഈ ലക്ഷണമുണ്ട് വിദ്യമാനമാണ് വിദ്യമാനമായിരിക്കണമല്ലോ മുക്തിയിലും പ്രളയത്തിലും ഈ ലക്ഷണം ഇല്ല വ്യാപ്തി ലക്ഷണത്തിൽ അവ്യാപ്തി ദോഷം വന്നു ലക്ഷണം വിശേഷണമാണെങ്കിൽ ലക്ഷണത്തെ നിങ്ങൾ വിശേഷണമായി സ്വീകരിച്ചു കഴിഞ്ഞാൽ ആ ലക്ഷണം എന്തായിരിക്കണം വ്യാപർത്തകമായിരിക്കണം ഇന്ന് മാത്രമല്ല വിദ്യമാനുമായിരിക്കണം ഇവിടെ പറഞ്ഞ ലക്ഷണമെന്ന് പറയുന്നത് പ്രകാശത്തിൻ്റെ വിശേഷണമായി പറഞ്ഞാണ് മുഴുവൻ ലക്ഷണമല്ലോ പക്ഷെ പ്രകാശം എന്ന് പറയുന്നത് എന്താ ചിതാത്മാവാണല്ലോ ലക്ഷ്യമാണല്ലോ അല്ല ചിതാത്മാവ് ഒരു പ്രകാശം ലക്ഷണത്തിലെ പ്രകാശം രണ്ടു പ്രകാശമുണ്ടോ അപ്പം ഇവിടെ പറഞ്ഞ ശേഷണമായിരിക്കുന്ന വ്യവഹാരഹേതുത്വം വിശേഷ്യമായിരിക്കുന്ന പ്രകാശത്തിൽ ശ്രദ്ധിക്കണം വിശേഷണമായിരിക്കുന്ന വ്യവഹാരഹേതുത്വം വിശേഷീയമായിരിക്കുന്ന പ്രകാശത്തിൽ ആ ലക്ഷ്യം തന്നെയാണ് അവിടെ മുക്തിയിലുമില്ല പ്രളയത്തിലില്ല പിന്നെ ഇവിടെ ഇല്ല സുഷൃത്തിയിലില്ല പിന്നെ ഇവിടെ ഇല്ല സമാധിയിലില്ല എവിടത്തും ഇല്ല അപ്പോ ആ ലക്ഷണത്തിന് വിശേഷണമൊന്നെടുക്കാൻ പറ്റുമോ ആ വിശേഷണം ലക്ഷണമാകൂണം ഏഷണം വിശേഷണമാകൂ എന്തുകൊണ്ട് വിശേഷണമാകുന്നില്ല വിദ്യമാനമല്ല അഭിനയ ലക്ഷണമാകുമോ ഇല്ല അപ്പോൾ ആ ലക്ഷണത്തിൽ ദോഷം വരുന്നു ലക്ഷണമല്ലെന്ന് പറഞ്ഞാൽ ലക്ഷണത്തിൽ ദോഷമൊന്നും എന്താണ് അഭ്യാപ്തി ഒന്നും അതായത് വ്യവഹാര ഹേതുത്വം പ്രവാസത്തിൻ്റെ വിശേഷണമാണ് പക്ഷെ ആ വിശേഷണം വിദ്യമാനമല്ല എപ്പോഴും ചില സമയത്തുണ്ട് അപ്പോൾ എന്ത് ചെയ്തു പ്രകാശത്തിനത് യോജിക്കുന്നില്ല അപ്പോൾ ലക്ഷണത്തിലെന്ത് ദോഷം വന്നോ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം ലക്ഷണത്തിലെ പ്രകാശവും ലക്ഷ്യത്തിലെ പ്രകാശവും പ്രകാശം ഒന്നായതുകൊണ്ട് ഇവിടെ പ്രകാശം ഒന്നെടുത്തു കഴിഞ്ഞാൽ രണ്ടും പ്രകാശമുണ്ട് അതുകൊണ്ട് ഇവിടെ ചോദിക്കുന്നത് ലക്ഷണത്തിലെ വിശേഷത്തെയും വിശേഷത്തെയും സംബന്ധിച്ചാണ് ലക്ഷണത്തിൻ്റെ വിശേഷത്തിൻ്റെ വിശേഷണം അത് നിങ്ങൾ വിശേഷമായിട്ടെടുക്കുന്നു ഉപലക്ഷണമായിട്ട് എടുക്കുന്നു വിശേഷണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും ലക്ഷണ ത്തിന്റെ ഭാഗമാകത്തില്ല അതിന് അപ്തി ദോഷം തന്നെ കാരണം അത് പ്രകാശത്തിലെപ്പോഴും ഇരിക്കുന്നില്ല ലക്ഷ്യമായിരിക്കുന്ന പ്രകാശവും ലക്ഷണത്തിൻ്റെ വിശേഷമായിരിക്കുന്ന പ്രകാശവും ഒന്ന് അതുകൊണ്ട് വിശേഷണം ലക്ഷ്യത്തിലും ഇല്ല ഇപ്പോൾ മുക്തിപ്രളയാദി ആത്മാവൻ ഇതവിടെ ഇരിക്കുന്നില്ല അതുകൊണ്ട് ഇത് വിശേഷണം അല്ല ഇപ്പോൾ സാസനാ നിമിത്തം ഗോവിൻ്റെ ലക്ഷണം പറഞ്ഞു അപ്പോൾ സാസന എപ്പോഴും ഗോവിൻ്റെ എന്നാലേ അത് ലക്ഷണമാവാത്തുള്ളൂ അപ്പോൾ അത് ഗോവിൻ്റെ വിശേഷണവുമാണ് അപ്പോൾ ഇത് ആദ്യത്തെ ദോഷം ഇത് ലക്ഷണമാകുന്നില്ല ഇതൊഴിവാക്കാൻ വേണ്ടി ഉപലക്ഷണമെന്ന് പറയുന്നു ഉപലക്ഷണത്തിൻ്റെ പ്രത്യേകത എന്താണോ ഇതെപ്പോഴും ഇരിക്കണമെന്നില്ല കാക്ക പറന്നുപോയാലും ലക്ഷണം തന്നെ അതാണ് വിശേഷണം മരുന്നെടുത്ത് എന്തെങ്കിലും ദോഷമുണ്ടെങ്കിൽ അതിന് എന്തു പറയാം ഉപലക്ഷണം എന്ന് പറയാം ഇവിടെ പറയുന്ന വ്യവഹാര ഹേതുത്വം ലക്ഷണമാണ് പക്ഷെ എന്തല്ല വിശേഷണമല്ല പിന്നെന്താണോ ലക്ഷണമാണ് അവിദ്യമാനം സദ്വ്യാവർത്തകം മുമ്പ് എപ്പോഴെങ്കിലും ഇരുന്നാ മതി വ്യാവർത്തിപ്പിക്കുന്ന സമയത്ത് തിരിച്ചറിയുന്ന സമയത്ത് അത് വേണമെന്നില്ല ദേവതത്തിനാ വീട്ടിൽ ചെന്ന് കയറുന്ന സമയത്ത് ഇതാണ് വീടെന്ന് തിരിച്ചറിഞ്ഞു പക്ഷെ കാക്ക അവിടെ ഇല്ല മുക്തിയിലും പ്രളയത്തിലും വ്യവഹാര ഹേതുത്വം അത് മാറ്റുന്നില്ല അതെന്താണെന്നുള്ളതിനെ മാറ്റി വേണം അതിനെ ഉപലക്ഷണമാക്കിക്കഴിഞ്ഞാൽ മുക്തിയിലും പ്രളയത്തിലും ആ ഉപലക്ഷണ രൂപത്തിലുള്ള ലക്ഷണമില്ലെങ്കിലും ദോഷമൊന്നുമില്ല ഉപലക്ഷണമെന്ന് പറഞ്ഞാൽ തന്നെ അതാണ് എപ്പോഴും വേണമെന്നില്ല മുമ്പുണ്ടായിരുന്നു മുക്തിപ്രളയത്തിൽ വ്യവഹാരമില്ല വ്യവഹാരഹേതത്വമില്ല ഇല്ലെങ്കിലും ദോഷമില്ല അതെന്താണ് ഉപലക്ഷണമെന്ന് പറഞ്ഞാൽ എന്താണ് ാണ് പിന്നെന്താണ് ലക്ഷണമാണ് ലക്ഷണം വേറെ ഉപലക്ഷണം വേറെ രണ്ടും രണ്ടാണ് രണ്ടടുത്ത് ലക്ഷണം വന്നിരിക്കുന്നു മനസ്സിലായോ ലക്ഷണം എന്ന് പറഞ്ഞാൽ എന്താണ് അമ്പ്യാപ്തി അതിവ്യാപ്തി അസംഭവ ദോഷത്രോ ധർമ്മതാണ് ലക്ഷണം ഉപലക്ഷണം എന്ന് പറഞ്ഞാലോ ലക്ഷണം പറയുമ്പോഴും ചിന്തിക്കുന്ന ഇതാണ് ഇതിൽ വ്യാപ്തി അതിവ്യത്യാസം എന്തെങ്കിലും വരുന്നുണ്ടോ അപ്പൊ ഇവിടെ ഇപ്പോ എന്ത് ദോഷമുള്ളത് ഉപലക്ഷണം എന്ന് പറഞ്ഞപ്പോ എന്താണോ അപ്പൊ ലക്ഷണം എന്ന് പറഞ്ഞപ്പം എന്ത് ദോഷം വന്നു ലക്ഷണത്തിൽ ഏഹ് ഞാൻ പറഞ്ഞില്ല ഉണ്ടോന്നാ ചോദിക്കുന്നു ഞാൻ പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് പറയാം ഉണ്ടോ ദോഷം ഉപലക്ഷണം എന്ന് പറഞ്ഞപ്പോൾ എന്ത് ദോഷം വന്ന ഞാൻ ചോദിക്കുന്നു അപ്പൊ എവിടെ വന്നു ഒരു ദോഷമില്ല ദോഷം ഞാൻ പറഞ്ഞില്ല പിന്നെ നിങ്ങളങ്ങനെ കണ്ടുപിടിക്കുന്നു ഒരു ദോഷമില്ല എന്തുകൊണ്ട് ഉപലക്ഷണമെന്ന് അതിനെ തന്നെ സ്വീകരിച്ചു അവിടെയുള്ള ഒരു പ്രശ്നം എന്താണ് മുക്തിയിലതില്ല ഉപലക്ഷണമായ ലക്ഷണം എപ്പോഴും ഇരിക്കണമെന്നില്ല മുക്തിയിലില്ലെങ്കിലും ലക്ഷണം തന്നെയാണ് മനസ്സിലായോ ഉപലക്ഷണമായ ലക്ഷണം ലക്ഷ്യത്തിൽ എപ്പോഴും വേണമെന്ന് ആവശ്യമില്ല ഇല്ല അപ്പോ അത് ഉപലക്ഷണമായതുകൊണ്ട് നേരത്തെ വന്ന ദോഷം എന്തായിരുന്നു അഭ്യാപ്തി വരുന്നില്ല വ്യാപ്തി വന്നുകൊണ്ട് വന്നത് എന്തുകൊണ്ടാണ് മുക്തിയിലില്ലാത്തതുകൊണ്ട് ഉപലക്ഷണമാണ് ലക്ഷണമെങ്കിൽ വേണ്ട മുക്തില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല അത് ലക്ഷണമാണ് പക്ഷെ എന്താണത് ഉപലക്ഷണമാണ് ഉപലക്ഷണത്തിന്റെ ലക്ഷണം തന്നെ എന്താണ് അവിദ്യമാനം സത് വ്യാവർത്തകം എന്ന് പറഞ്ഞാൽ മുക്തിയിലില്ലെങ്കിലും അത് വ്യാവർത്തകമാണ് ലക്ഷണത്തിന് മാറ്റമില്ല ലക്ഷണം വ്യവഹാര ഹേതുത്വം പക്ഷേ അത് ഉപലക്ഷണമാണോ വിശേഷണമാണോ അതനുസരിച്ചാണ് ദോഷം ഒഴിവാകുന്നു ദോഷം വരുന്നു വിശേഷണം എന്ന് പറയുമ്പോൾ ലക്ഷണം എപ്പോഴും എവിടെ വേണം ലക്ഷ്യത്തിൽ വേണം അല്ലെങ്കിൽ ദോഷം വരും ഉപലക്ഷണം എന്ന് പറഞ്ഞാലോ ലക്ഷ്യത്തിൽ എപ്പോഴും ലക്ഷണം വേണമെന്നോ ഇല്ല അതുകൊണ്ട് ദോഷമില്ല അവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ലക്ഷണത്തെ മാറ്റിയില്ല പിന്നെന്ത് മാറ്റി മാറ്റി ലക്ഷണത്തിന്റെ നിർവചനത്തെ മാറ്റി അങ്ങനെ മാറ്റി അത് വിശേഷണമാണോ ഭൂലക്ഷണമാണോ വേറെ ഉദാഹരണം പറയാ ഗന്ധവത്വം പൃഥ്വിയാഹ ലക്ഷണവും ഇവിടെയൊന്നും ഉത്പത്തിക്ഷണത്തിൽ ഗന്ധമില്ലല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴും വേണ്ട ഞങ്ങള് ഗന്ധവത്വത്തെ ഉപലക്ഷണമായിട്ടാണ് പറഞ്ഞത് വിശേഷണമായിട്ടെടുത്താലേ ദോഷം വിശേഷണമായിട്ടെടുത്താൽ ഗന്ധത്വം എപ്പോഴും പ്രതിയിൽ വേണം പക്ഷെ ഗന്ധവത്വത്തെ എന്തായിട്ടെടുത്തു ഉപലക്ഷണമായിട്ട് അപ്പം എപ്പോഴും വേണോ അല്ലെങ്കിൽ അത് ലക്ഷണമാണ് ദോഷമില്ല അല്ല വിശേഷണമായിട്ട് അണെടുക്കണമെങ്കിൽ പറയും ഒപ്പൻ ലക്ഷണാവശിന്ന പ്രതിവിൽ ലക്ഷണമില്ല ലക്ഷണത്തിൽ എന്ത് ദോഷം വന്നു അത് തർക്കന്മാരത് പരിഹരിക്കുന്ന എങ്ങനെ ഗന്ധ സമാനാധിക ദ്രവ്യത്വ വ്യാപ്യ ജാതിമത്വം പഠിച്ചിട്ടുള്ളതാണ് അങ്ങനെ പരിഹരിക്കും അതിൻ്റെ ഒന്നും എളുപ്പം പരിഹരിക്കാം എങ്ങനെയാണ് പറയുന്നത് ലക്ഷണം വിശേഷണമല്ല ഉപലക്ഷണമാണ് അതാണ് ഇവിടെയും പറയുന്നത് ലക്ഷണം വിശേഷണമല്ല ഉപലക്ഷണം അപ്പൊ പരിഹരിച്ചോ ദോഷമുണ്ടോ പറഞ്ഞ ദോഷം ഏഹ് ദോഷം അതാ ചോദിച്ചോ പറയാത്തു ചോദിക്കുമോ ഞാൻ പറഞ്ഞത് തന്നെ മനസ്സിലാകാൻ പ്രയാസമാണെങ്കിൽ പറയാത്തങ്ങനെ ചോദിക്കും ോഷമില്ല പരിഹരിച്ചു എന്നാൽ ഈ ഉപലക്ഷണത്തെക്കുറിച്ച് ചിന്തിക്കണം എന്താണെന്ന് അപ്പോൾ ഇവിടെ നിവാരഹേതൃത്വത്തെ വിശേഷണം അല്ലെങ്കിൽ ഉപലക്ഷണമായി എടുത്തുകൊണ്ടാണ് ചിന്തിക്കുന്നത് അത് ലക്ഷണത്തിൻ്റെ ഘടകമാവും എന്നുള്ള രീതി അത് ലക്ഷണത്തിൻ്റെ ഒരു ഘടകമേ ആവുന്നു എന്ന് പറഞ്ഞാൽ ലക്ഷണത്തിന് ഇനി ബാക്കി കിടക്കുന്നു എന്താണ് പ്രകാശം പക്ഷെ ഇവിടെ ഒരു സൗകര്യം ആ ഘടകമെന്ന് പറയുന്നത് പ്രകാശം എന്ന് പറയുന്ന ലക്ഷ്യം തന്നെ ലക്ഷ്യവും പ്രകാശമാണ് ലക്ഷണത്തിൻ്റെ വിശേഷവും പ്രകാശമാണ് അതുകൊണ്ട് വ്യവഹാര ഹേതുത്വത്തെ നമ്മൾ ലക്ഷണമെന്ന് പറയും അല്ലേ എന്നാൽ അത് ലക്ഷണത്തിൻ്റെ ഘടകവുമാണ് ലക്ഷണത്തിൻ്റെ ഘടകമായ പ്രകാശത്തിൻ്റെ വിശേഷണമാണ് ഈ വ്യവഹാര ഹേതുത്വം പുതു സ്വ വ്യവഹാര ഹേതുത്വമെന്നോ ജ്ഞാന വ്യവഹാര ഹേതുത്വമെന്നോ എന്തോ ആയിക്കൊള്ളോട്ടെ അതിനെക്കുറിച്ച് പിന്നീട് ചിന്തിക്കാം ഈ വ്യവഹാര ഹേതുത്വം ഉപലക്ഷണമായി സ്വീകരിച്ചു കഴിഞ്ഞാൽ ഇതെങ്ങനെയാണ് വ്യാവർത്തകമാകുന്നത് എന്നുള്ളതാണ് അത് വ്യാവർത്തകമാകണ്ടേ വ്യാവർത്തകമാകുന്ന വെച്ചാൽ അതിലൂടെ ലക്ഷ്യത്തെ അറിയണം കാക്ക ഉപലക്ഷണമായാലും ശരി വിശേഷണമായാലും ശരി നമുക്ക് വീട് എങ്ങനെ അറിയണം കാക്കയിലൂടെ അറിയണം കാക്ക അറിയാൻ സഹായിച്ച് അല്ലേ കാക്കയിലൂടെയല്ലേ വീട് അറിഞ്ഞത് അല്ല വീട് കണ്ടിട്ട് അറിഞ്ഞോ അപ്പോ കാക്കയിലൂടെ വീടറിയെന്ന് പറഞ്ഞ അങ്ങനെ പറയും വീടിൻ്റെ ഉപലക്ഷണമാണ് കാക്ക അതുകൊണ്ട് വീടെന്തായി ഉപലക്ഷിതമായി എന്ന് പറയും വീടെന്നു പറയുന്നത് ഉപലക്ഷിതം ഉപലക്ഷിതമായി എന്തിലൂടെ എന്നുവെച്ചാ അറിഞ്ഞൂന്നേ ഉള്ളൂ എന്റെ അർത്ഥം കാക്കയിലൂടെ വീടിനെ എന്ന് പറയുന്നതിനെന്ത് പറയും ഉപലക്ഷണത്തിലൂടെ ഉപലക്ഷ്യം ഉപലക്ഷണത്തിലൂടെ ഉപലക്ഷിതമായി ലക്ഷ്യം അവിടെ ലക്ഷ്യം എന്താണോ വീടാണല്ലോ വീടാണ് ലക്ഷ്യം കാക്കയിലൂടെ വീടെന്തായി ഉപക്ഷിതമായി എന്നർത്ഥം അപ്പൊ ഉപലക്ഷിതമായി അംഗീകരിച്ചേ മതിയോ കാരണം ഇപ്പൊ വിശേഷണത്തെ പറയുമ്പോ വിശേഷണം കൊണ്ട് വിശിഷ്ടമായി എന്ന് പറയുന്നതുപോലെ ഉപലക്ഷണത്തെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തു പറയേണ്ടി വരും ഉപലക്ഷിതം എന്ന് പറയേണ്ടി അതായത് ദണ്ട് പുരുഷന്റെ കൈക്കുന്നു വിശേഷണമായി സ്വീകരിച്ചു കഴിഞ്ഞാൽ പുരുഷനെന്തായി ഉപലക്ഷ്യം വിശിഷ്ടമായി പുരുഷനെന്തായി ദണ്ഡിനെ വിശേഷണമായി സ്വീകരിച്ചു കഴിഞ്ഞാൽ വിശേഷിയുമായ പുരുഷൻ വിശിഷ്ടമായി അതുപോലെ ദണ്ഡിനെ ഉപലക്ഷണമായി സ്വീകരിച്ചു കഴിഞ്ഞാൽ ഉപലക്ഷണമായി സ്വീകരിക്കാം എപ്പോഴും പുരുഷൻ ധൈദണ്ടില്ല പുരുഷൻ എന്തായി മാറി ഉപലക്ഷിതമായി അപ്പോ ഇവിടെ പ്രകാശത്തിൽ ഒരു പ്രത്യേകത വരുന്നു എന്താണ് അതുപലക്ഷിതമായി പറയണം മനുഷ്യന് ഒരു വിശേഷതയുണ്ട് പശുവിൻ്റെ ഒരു വിശേഷതയുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് എങ്ങനെ പറയും പശു മനുഷ്യനും ഉപലക്ഷിതമായി പറയണം പശുവിനൊരു വിശേഷതയുണ്ട് മനുഷ്യന് ഒരു വിശേഷതയുണ്ടെന്ന് പറഞ്ഞെങ്ങനെ പറയും തർക്കം പഠിച്ചവര് പശുവിന് അല്ലെങ്കിൽ മനുഷ്യന് ഒരു പ്രത്യേകതയുണ്ട് എന്ന് പറയുന്നതിന് തർക്കം പറയുന്ന എന്താണ് അതിൽ പശുത്വം ഉണ്ടെന്നാണ് മനുഷ്യന്റെ പ്രത്യേകത എന്താണ് മനുഷ്യത്വം അങ്ങനെയാ പറയുന്നു എന്നുവെച്ചാൽ ഒരു വിശേഷധർമ്മം ഉണ്ടെന്നാണ് ധർമ്മം എന്ന് പറഞ്ഞാൽ പുണ്യഭാവമല്ല പശുവിൽ ഒരു വിശേഷത ഉണ്ടെന്ന് പറഞ്ഞാൽ പശുത്വം ഗോത്വം മനുഷ്യനിൽ വിശേഷതയുണ്ടെന്ന് പറഞ്ഞാൽ മനുഷ്യർ അപ്പം ഉപലക്ഷണത്തിലൂടെ ഉപലക്ഷിതമായി പ്രകാശമെങ്കിൽ അതിലെന്ത് വരും ഉപലക്ഷിതത്വം വരും മനസ്സിലായി മാറിപ്പോ ഉപലക്ഷിതത്വം എന്ന് പിന്നീട് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് തന്നെ പറയണം വേറെ ഒന്നും പറയരുത് മനസ്സിലായോ ഉപലക്ഷണത്തിലൂടെ പ്രകാശത്തെ മനസ്സിലാക്കിയതുകൊണ്ട് ആണെങ്കിൽ അറിഞ്ഞതുകൊണ്ട് പ്രകാശം ഉപലക്ഷിതമായി പ്രകാശ ഉപലക്ഷിതമാണെങ്കിൽ അതിലെന്തുവരും ഉപലക്ഷിതത്വം വരുന്നു ഇനി കാക്കയും ദണ്ടുമെല്ലാം പോയി കഴിഞ്ഞാൽ ഇവിടെ പ്രകാശത്തിന്റെ ഉപലക്ഷണമാണ് വ്യവഹാര ഹേതത്വം എന്താണ് ഇത് തെറ്റുന്ന സം സ്ഥലമാണ് ശ്രദ്ധിച്ചില്ലെങ്കിൽ തെറ്റിപ്പോവും തെറ്റിയാൽ ഞാൻ ഉത്തരവാദിയല്ല പ്രകാശത്തിൻ്റെ ഉപലക്ഷണമാണ് ദേവാരഹേതുത്വം എന്ന് പറഞ്ഞു അഭ്യാപ്തി ഒഴിവാക്കാൻ അങ്ങനെയാണെങ്കിൽ ആ ഉപലക്ഷണം കൊണ്ട് പ്രകാശമെന്തായി ഉപലക്ഷിത ഉപലക്ഷിതമായി ഉപലക്ഷിതത്വം എവിടെ വരും ഉപലക്ഷിതത്തിൽ എല്ലി വരുന്നു അല്ലെങ്ങനെ പ്രകാശം എന്ന് പറഞ്ഞു ഉപലക്ഷിതമായി പ്രകാശം തന്നെയാണ് ഉപലക്ഷിതം അപ്പൊ ഉപലക്ഷിതത്വം പ്രകാശത്വം പ്രകാശത്തിൽ ഒരു ഒന്നും പറയാം ഉപലക്ഷിതത്തിൽ ഒരു ഇത്രയും കാര്യം വ്യക്തമായും ധരിച്ചിരിക്കുന്നു മുമ്പ് ഞാനിത് ക്ലാസെടുത്തപ്പോൾ ഒരു ദിവസം കൊണ്ട് പറഞ്ഞ കാര്യമാണ് എല്ലാം കൂടെ ചേർത്തു ഇത്രയും വിശദീകരിച്ച് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആള് കൂടുതലിരിക്കുന്നുണ്ട് എന്ന് ആർക്കെങ്കിലും മനസ്സിലാക്കാൻ ആഗ്രഹമുണ്ട് മനസ്സിലാവുന്നില്ലെങ്കിൽ അവരുകൂടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും വിശദീകരിച്ച് പറയുന്നു അല്ലെങ്കിൽ ഇത് അരമണിക്കൂർ പറയാനുള്ള സംഗതികളെ ഇതിനകത്തുള്ളൂ ഒരാൾ മനസ്സിലാക്കുമെങ്കിൽ ശ്രമിച്ചാൽ മനസ്സിലാക്കാം അത് ക്രമമായിട്ട് പോണം ഞാൻ പറയുമ്പോൾ എൻ്റെ പുറകേ വരണം എൻ്റെ മുമ്പേ പോകരുത് ആരും ആശന്മാരാവരുത് എന്നാൽ പറ്റത്തില്ല പറയുന്ന പോലെ ശ്രദ്ധിച്ച് ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടും മനസ്സിലാക്കിപ്പോണം എന്നാ മനസ്സിലാക്കും ആർക്കും മനസ്സിലാവും എന്നാണ് പള്ളിക്കൂടത്തിൽ പഠിച്ചിട്ടില്ലാത്തവരാണെങ്കിലും മനസ്സിലാവും എന്നെ പോലെ പിന്നെയാണോ ഒന്നക്ക് മനസ്സിലാകാത്തത് ചോദ്യം നിങ്ങൾ പള്ളിക്കൂടത്തിൽ പഠിച്ചിട്ടില്ല എന്നു പോയിട്ടില്ലെന്നല്ല ഞാൻ പറഞ്ഞു പഠിച്ചിട്ടില്ലെന്ന് അങ്ങനെയുള്ളവർക്കും മനസ്സിലാവും മ്പിനെന്താ മനസിലാകത്ത് ഉപലക്ഷണം ആയി എന്ത് പറയുന്ന വ്യക്തമായി പറയണം എന്തായി ഉപലക്ഷണം വ്യവഹാരം ഏ എന്താണ് ആരും മനസ്സിലാക്കുന്നില്ല മനസിലാക്കിയവർക്ക് തന്നെ സംശയം മനസ്സിലാവുകയും ഇല്ലയെന്ന് പറയുമ്പം എന്നെ പറ്റിക്കാൻ നോക്കുന്നു എന്നെ പറ്റിക്കുന്ന എങ്ങനെ മുഴുവൻ പറയത്തില്ല ഞാൻ ശരി ഞങ്ങൾ മനസ്സിലാക്കിയെന്ന് ധരിച്ചോട്ടെ എന്നുള്ള ഒരു ധാരണ ഇല്ല അത് നടക്കത്തില്ല എന്താണ് ഉപലക്ഷണം വ്യക്തമായി പറയുന്നുണ്ടായിരുന്നു അവരോഹണക്രമത്തിലാണ് പറയുന്നത് ആദ്യത്തത് വ്യക്തമായി മൂളന് മാത്രമേ ഉള്ളൂ ഇതാണ് തട്ടിപ്പ് വ്യക്തമായി പറയണം ആദ്യ അവസാനം ഒരുപോലെ ഇരിക്കും ആരോഹണ അവരോഹണം വേണ്ട സംഗീതമല്ല എന്താണ് ഉപലക്ഷണം അതാണ് ഇവിടുത്തെ ഉപലക്ഷണം ആ വ്യവഹാരഹേതു കൊണ്ട് ഉപലക്ഷിതമായി എന്ത്ശം അപ്പൊ പ്രകാശത്തെ എന്ത് വന്നു ഉപലക്ഷിതം അപ്പൊ ഉപലക്ഷിതം എന്തായി ഉപലക്ഷിതത്വം ഇവിടെ വന്നു ഇത് ഇത്രയും വ്യക്തമായും ധരിക്കണം ഇത് ഇത്രയും മനസ്സിലാക്കിക്കഴിഞ്ഞാൽ ഇനി പറയുന്നതൊക്കെ സിമ്പിളാണ് ഇത്രേ ഉള്ളൂ പ്രയാസമുള്ള ഭാഗം മനസ്സിലാക്കാൻ തെറ്റിപ്പോകുന്ന ഭാഗം പ്രയാസമല്ല ചിലപ്പോൾ പോകും വിവാഹ ഹേതുത്വം പ്രകാശത്തിന് ഉപലക്ഷണമാണ് വിശേഷണമല്ല അതുകൊണ്ട് പ്രകാശം ഉപലക്ഷിതമായി പ്രകാശത്തിൽ ഉപലക്ഷിതത്വം വന്ന് ഇത്രയും മനസ്സിലാക്കി വെച്ചു കഴിഞ്ഞാൽ ബാക്കി പറയുന്ന കാര്യങ്ങൾ വളരെ സിമ്പിളാണ് അപ്പൊ അങ്ങനെ ഇപ്പൊ സിമ്പിളായി തന്നെ ഇരിക്കട്ടെ